അധ്യായം ഒന്ന് നിലവെക്കുറിച്ചുള്ള പ്രവാചകം എൽക്കോസ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് മേഘം അവന്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു അവൻ സമുദ്രത്തെ ഫൽസിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു ബാഷാനും കർമേലും വരളുന്നു ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു കുന്നുകൾ ഉരുകിപ്പോകുന്നു അവന്റെ സന്നദ്ധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും അവൻ്റെ ഉഗ്ര കോപത്തിങ്കൽ ആർ നിവർന്ന് നിൽക്കും അവൻറെ ക്രോധം തീ പോലെ ചൊരിയുന്നു പാറകൾ അവനാൽ പിളർന്നു യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു തങ്കൽ അവൻ അറിയുന്നു എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവനതിന്റെ സ്ഥലത്തിന് മുടിവു വരുത്തും തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു നിങ്ങൾ ഈ ഹോവയ്ക്കു വിരോധമായി നിരൂപിക്കുന്നതെന്ത് അവൻ മുടിവരുത്തും കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല അവർ കൂടി പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്ക് ഇരയായിത്തീരും യഹോവയ്ക്കു വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവർ പൂർണ്ണശക്തന്മാരും ഔവണ്ണം തന്നെ അനേകരും ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു ചെയ്യും ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല ഇപ്പോഴോ ഞാൻ അവന്റെ നുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളയുകയും ചെയ്യും എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകയില്ല കൊത്തിയുണ്ടാക്കിയ വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും നീ നിസ്സാരനായിരിക്കാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കാം നിന്റെ നേർച്ചകളെ കഴിക്ക നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല അവനശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു